അള്ളാഹുസുബാനഹുവായാലായുടെ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്ത് ചിലവഴിക്കുന്നവരുടെ ഉദാഹരണം ഏഴ് കതിരുകൾ മുളപ്പിച്ച ഒരു വിത്തിനെപ്പോലെയാണ് ഓരോ കതിരിലും നൂറു വിത്തുകൾ വീതമുണ്ടാകും അള്ളാഹു സുബഹാനഹുവ തായാല താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിപ്പിച്ചു നൽകുന്നു അള്ളാഹുസുബഹാനുഹുവ തായാല വിശാലജ്ഞനുമെല്ലാം അറിയുന്നവനുമാകുന്നു